അള്ളാഹുസുബഹാനുഹുവച്ച ആലയിലും അവൻറെ ദൂതനിലും വിശ്വസിക്കുകയും ഒരു പൊതുവായ കാര്യത്തിനായി അദ്ദേഹത്തോടൊപ്പം ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻറെ അനുവാദം ലഭിക്കാതെ മടങ്ങിപ്പോകാതിരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ നിന്നോടനുവാദം ചോദിക്കുന്നവർ അള്ളാഹുസുബഹാനുഹുവച്ച ആലയിലും അവൻറെ ദൂതനിലും വിശ്വസിക്കുന്നവരാണ് അതിനാൽ അവർ തങ്ങളുടെ ചില കാര്യങ്ങൾക്കായി നിന്നോടനുവാദം ചോദിച്ചാൽ അവരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവർക്ക് അനുവാദം നൽകുക അവർക്കായി അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു സുബഹാനു ഹൂവച്ച ആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്